്രഹ്മഭാവന അല്ലെങ്കിൽ ഉപാസന അതിന്റെ ഫലമായ സാക്ഷാത്കാരത്തെ ഉണ്ടാക്കുന്നതിന് കർമ്മങ്ങളെ അപേക്ഷിക്കുന്നു പറഞ്ഞു ചോദിക്കുന്ന ഉപാസനയുടെ കാര്യം ഉപാസനയുടെ കാര്യമായ സാക്ഷാത്കാരത്തിനാണോ അത് കർമ്മങ്ങളെ അപേക്ഷിക്കുന്നത് ബ്രഹ്മോപാസനയുടെ കാര്യമായ അത് ഉത്പാദ്യമാണോ വികാര്യമാണോ സംസ്കാരികമാണോ പ്രാപ്യമാണോ ചോദിച്ചത് ഉത്പാദ്യം പക്ഷം പറയുന്നു ഘടാദി സാക്ഷാത്കാരം പോലെയല്ല ബ്രഹ്മ സാക്ഷാത്കാരം ഉപാസനം കൊണ്ടുവരുന്ന ആ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മസ്വയം തന്നെ ോക്ഷമാണ് സ്വയം പ്രകാശമാണ് അതിന്റെ ഒരു സാക്ഷാത്കാരം അതിന്റെ ആവശ്യമുണ്ട് ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷമാണ് ബ്രഹ്മസ്വയം പ്രത്യക്ഷമായിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മപ്രത്യക്ഷം ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒരു പ്രത്യക്ഷത്തിന്റെ ആവശ്യ ബ്രഹ്മപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മപ്രത്യക്ഷം ബ്രഹ്മമായതുകൊണ്ട് അത് ഉത്പാദ്യമാണ് സാധാരണ ഉണ്ടാവുന്ന പ്രത്യക്ഷങ്ങളെല്ലാം ഉത്പാദ്യമാണ് വിഷയത്തിന് പ്രത്യക്ഷമുണ്ടാകുമ്പോൾ ആ പ്രത്യക്ഷമെന്ന് പറയുന്നത് ജ്ഞാനമാണ് ഇന്ദ്രിയജന്യമാണ് വിഷയത്തിൽ ഭിന്നമായി അതുപോലെ ബ്രഹ്മപ്രത്യക്ഷം ഉണ്ടാകത്തില്ല കാരണം ബ്രഹ്മസ്വയം പ്രത്യക്ഷമാണ് ബ്രഹ്മത്തെ അറിയുന്ന ഒരു പ്രത്യക്ഷം അതിന്റെ ആവശ്യം പ്രത്യക്ഷമായിട്ട് ബാക്കിയുള്ളതെല്ലാം ജഡമാണ് അവിടെ അവനെ അറിയുന്ന പ്രത്യക്ഷത്തിന്റെ ആവശ്യം കൊണ്ട് ഭാവനധ്യാനം കൊണ്ട് ബ്രഹ്മഭിന്നമായ ഒരു ബ്രഹ്മപ്രത്യക്ഷം ഉണ്ടാകും ബ്രഹ്മപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ അതുകൊണ്ടത് സാധ്യമല്ല എന്നു ങ്ങനെയല്ല ഘടാദികളുടെ പ്രത്യക്ഷമെന്ന് പറയുന്നത് ഘടത്തിൽ നിന്ന് ഭിന്നമാണ് ഒരു ജ്ഞാനമാണ് അങ്ങനെ ബ്രഹ്മപ്രത്യക്ഷം എന്ന് പറയുന്നതും ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനം ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മപ്രത്യക്ഷം ബ്രഹ്മപരോക്ഷം എന്നൊക്കെ പറയുന്ന ബ്രഹ്മത്തെ അറിയുന്ന ബ്രഹ്മഭിന്നമാണെന്ന് പറഞ്ഞാലോ പ്രതിഭ പ്രവ സംശയ ആകുളംബ്യചാരോപലേ ി പറയണ ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മഭിന്നമാണ് അതൊരു ഭക്തിയാണ് അതൊക്കെ പൂർവോഷമാണ് പറയുന്ന എല്ലാം പൂർവോഷം ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ബ്രഹ്മസ്വരൂപമല്ല ബ്രഹ്മത്തെന്ന് ഭിന്നമാണ് ആദ്യം പറഞ്ഞ സ്വരൂപമാണ് എന്നാണ് എന്നാലും ദോഷമാണ് ബ്രഹ്മഭിന്നമാണ് അതെങ്ങനെ ധ്യാനം കൊണ്ട് സംഭവിക്കുന്നതാണ് ധ്യാനം കൊണ്ട് സാക്ഷാത്കാരം എന്ന് പറയുന്നത് ജ്ഞാനം ഉണ്ടാവും ആ ജ്ഞാനം ബ്രഹ്മഭിന്നമാണ് തഥോ ഭിന്ന സിവിന്നിത ബ്രഹ്മ ഭിന്നം എന്ത് ഭാവനാധേയസ് സാക്ഷാത്കാര ഭാവനാജന്യമായ ധ്യാനം കൊണ്ടുണ്ടാവുന്ന ഭാവനാധേയം ഭാവനാജന്യം ഭാവനാജന്യമായ സാക്ഷാത്കാരം അത് ബ്രഹ്മ ഭിന്നമാണ് അങ്ങനെയൊന്നുമുണ്ട് അങ്ങനെ ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വരുന്ന ദോഷം പൂർവിച്ചു പറയണം അത് പ്രതിഭാപ്രത്യകം പ്രതിഭാജ്ഞാനവും ബ്രഹ്മത്തെ ധ്യാനിച്ച് ധ്യാനിച്ചുണ്ടാവുന്ന ആ ജ്ഞാനത്തിന് എന്ത് പറയും പ്രതിഭാജ്ഞാനും പ്രതിഭാജ്ഞാനം പോലെ സംശയ ആക്രാന്തതയാ അത് സംശയം ഉള്ള ജ്ഞാനമായിരുന്നു അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പ്രാമണ്യ യോഗ അതൊരു പ്രമയായിരിക്കത്തില്ല അത് പ്രമാത്വവും കാണത്തില്ല ഇത ധ്യാനിച്ച് ധ്യാനിച്ച് ബ്രഹ്മത്തെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടായിരുന്നിരിക്കട്ടെ അത് സംശയമുണ്ടാവും എന്തുകൊണ്ട് അതൊരു പ്രതിഭാപ്രതിഭാപ്രത്യം പോലെ ഒന്നുകഴിഞ്ഞാൽ എന്താണത് പ്രമേയല്ല തത്സാമഗ്രിക ബഹുളം വ്യഭിചാരെ ഇങ്ങനെ ധ്യാനിച്ചുണ്ടാകുന്ന പ്രതിഭാപ്രത്യം പ്രതിഭാജ്ഞാനം പോലെയുള്ള ജ്ഞാനങ്ങൾ തസ്സാമഗ്രികസ്യം തസ്സാമഗ്രിയെന്ന് വെച്ചാൽ ഭാവന കൊണ്ടുണ്ടാകുന്നു ഭാവനയാകുന്ന സാമഗ്രിയോടുകൂടിയ ഞാൻ ഭാവനയെന്ന് വെച്ചാൽ ധ്യാനം അപ്പോ പ്രതിഭപ പോലെയുള്ള ധ്യാനം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം ആ ജ്ഞാനം എന്താണ് ബഹുളം വ്യഭിചാരം അതിന് വ്യഭിചാരം സംഭവിക്കാറ് പറഞ്ഞാൽ അത് ഭ്രാന്തിയാണെന്ന് തിരിച്ചറിയാറുണ്ട് അവിടെ എന്താണ് എന്തിന്റെ ജ്ഞാനമാണോ ഉണ്ടാകുന്നത് ആ വിഷയം ബാധിച്ചു പോകുന്നു സംഭവിക്കുന്നത് വെച്ചാൽ ജ്ഞാനവും ഉണ്ടാവും പക്ഷെ അതിന്റെ വിഷയം കാണത്തില്ല അതാണ് പ്രതിചാരം എന്തിനാണോ ധ്യാനിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ആത്മാവിനെ ധ്യാനിക്കുന്നു ധ്യാനിച്ചെന്ത് ചെയ്യുന്നു അയാൾക്ക് ആത്മജ്ഞാനവും ഉണ്ടാവും പക്ഷെ അവിടെ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാവില്ല ശിശിമന്തര കായകജ്ജടല സാക്ഷാത്മാണാന്തരേ സംവാദ്യത്തെ ബഹുളംഭ എന്താണ് ഈ പ്രതിഭാജ്ഞാനം എന്ന് പറയും അനുമാനവിബുദ്ധം ഒരാള് തണുപ്പിൽ പൊട്ടു പർവ്വതത്തിന്റെ ഗുഹയിലിരിക്കുന്നു അപ്പോ ഭയങ്കര തണുപ്പ് തണുപ്പിൽ നിന്ന് രക്ഷം നേടാൻ വേണ്ടിയാളെന്ത് ചെയ്യുന്നു ഇവിടെ ഭഞ്ഞി ഉണ്ടെങ്കിൽ പന്നിയുടെ ഞാനോ അയാൾക്കുണ്ടാവും അനുമാനത്തിലൂടെ പന്നി ഇവിടെ ഉണ്ടെന്ന് അയാള് അനുമാനിക്കുന്നു അനുമാനത്തിലൂടെ അയാൾക്ക് പന്നിയെ കുറിച്ച് ഞാനോ ഉണ്ടായത് അനുമതി ഞാനോണ്ടായി അനുമതി ഞാനോണ്ടായത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അയാൾക്ക് ഏത് വന്നിയെ കുറിച്ചാണോ ഞാനോ ആ വന്നിയെ തന്നെ നിരന്തരം ധ്യാനിക്കുന്നു എന്തുകൊണ്ട് വന്യെ ധ്യാനിക്കുന്നു അഗ്നിയെ ധ്യാനിക്കുന്നു തണുപ്പുണ്ടായെന്ന് വരക്കയാണ് അവരുടെ ആഗ്രഹമാണ് കുറച്ച് തീ ഉണ്ടായിരുന്നെങ്കിൽ തീ കായാമായിരുന്നു പക്ഷെ തീ അവിടെ ഇല്ല പ്രത്യക്ഷമായിട്ട് തീ അവിടെ ഇല്ല പക്ഷെ അനുമാനത്തിലൂടെ തീയെ അറിഞ്ഞു തീയെ കുറിച്ചുള്ള ഞാനും ഉണ്ടായി അയാൾ എന്ത് ചെയ്യുന്നു അനുമാനവിബുദ്ധം മന്യം ഹനുമാനത്തിലൂടെ അറിഞ്ഞ പന്നിയേയും ഭാവയേത് അയാള് ധ്യാനിക്കുന്നു ഉപാസിക്കുന്നു സീതാതുരസ്യ തണുപ്പ് കൊണ്ട് വളരെ കഷ്ടപ്പെടുകയാണ് ശിശിരഭര മന്ധരതര കായകാന്ഡ കായകാന്ഡം ശരീരം മൊത്തം ശിശിരഭരം അങ്ങേറ്റം തണുത്ത തണുപ്പുകൊണ്ട് മന്ധരതരം അങ്ങേറ്റത്തെ തണുപ്പുകൊണ്ട് ആ ഗുഹയിലിരുന്ന് തണുപ്പുകൊണ്ടയാളുടെ ശരീരം മൊത്തത്തിൽ പിറക്കുകയാണ് ജീവിത ആതുരനാണ് അയാൾ തണുപ്പു കൊണ്ടായാൽ വളരെയധികം കഷ്ടപ്പാടുണ്ട് അപ്പം അയാളെന്ത് ചെയ്യുന്നു ആദ്യം മഞ്ഞയെ മനസ്സിൽ കണ്ടായാലും ഹനുമാനത്തിലൂടെ മനസ്സിലായേക്കും മഞ്ഞയുടെ ജ്ഞാനം ഉണ്ടായി പിന്നെ അയാളെന്ത് ചെയ്യുന്നു മഞ്ഞയിരുന്ന് ധ്യാനിക്കും അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു സ്ഫുരജ്വാലാർ പെട്ടെന്നായുരജ്വാല ജ്വലകളോട് കൂടിയ തിളങ്ങിമറിയുന്ന ജ്വലകളോട് കൂടിയ ജ്വാലാജടില ജ്വാലകൾ ചുറ്റിക്കണഞ്ഞ അനല സാക്ഷാത്കാർ എന്നുവെച്ച ആണി കത്തുന്ന തീയിൽ അയാളെ പെട്ടെന്ന് സാക്ഷാത്കരിക്കുകയാണ് ധ്യാനിച്ച് ധ്യാനിച്ചെന്താണ് കാണുന്നത് വളരെ ഉയർന്നു പോങ്ങുന്ന ജ്വാലകൾ ചുറ്റിപ്പറഞ്ഞ് കിടക്കുന്നു വലിയ അഗ്നിയുടെ സാക്ഷാത്കാരം ഉണ്ടാവുന്നു എവിടെ ഉണ്ടാവുന്നു മനസ്സിലാണ് ഇതൊക്കെ സംഭവിക്കുന്നയാളുടെ മനസ്സിലാണ് ആദ്യ അയാൾ അനുമാനിച്ചത് അഗ്നി എവിടെ മനസ്സ് ധ്യാനി ചെയ്യുന്നത് കൊണ്ട് മനസ്സ് അത് സാക്ഷാത്കാരുണ്ടായി മനസ്സിലുണ്ടായി മനസ്സിലായ്ക്ക് അഗ്നിയുടെ സാക്ഷാത്വനുണ്ടായി അയാള് പുറത്ത് കണ്ണുറന്നു നോക്കിക്കഴിഞ്ഞാലോ അഗ്നിയുണ്ടോ ധ്യാനം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവം മാനസിക പ്രത്യക്ഷങ്ങളുണ്ടാവും ജ്യാനം കൊണ്ട് പറയുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്നതിന് പ്രതിഭാജ്ഞാനം മനസ്സിന്റെ തലത്തിലേ ഉണ്ടാവും ബാഹ്യമായിട്ട് ഉണ്ടാവില്ല ഇത് ജ്ഞാനം കൊണ്ട് ആൾക്കാർക്ക് അനുഭൂതികളൊക്കെ ഉണ്ടാവും അറിയല്ലോ കൂട്ടിച്ചേർത്തനെ അവരെ കൊണ്ട് ഇവരെ കൊണ്ടെന്നൊക്കെ പറയുന്നത് എന്താണ് ഇതൊക്കെ മാനസികമായ അനുഭവങ്ങളാണ് അങ്ങനെ ഉണ്ടാകുന്നതന്നെ പറയുന്നു ഉണ്ടാകില്ല എന്നല്ല ആരെ ധ്യാനിച്ചാലും നഷ്ടപുത്ര പ്രത്യെന്നും പറയും ഒരാൾക്ക് അയാളുടെ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയി മരിച്ച മകനെ കുറിച്ച് തന്നെയാണെങ്കിലും പെട്ടെന്നാണ് മകൻ മുമ്പ് വന്ന് അച്ചാർന്ന് വിളിക്കുന്നു കാണുകയാണ് ഓടിച്ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോ എന്ത് ചെയ്യുന്നു മകൻ അവിടെ ഇല്ല മനസിലായോ ഇതിന് ഇതെന്താണ് മാനസികമായി പ്രത്യക്ഷം ഉണ്ടാകുകയാണ് പക്ഷെ സംഗതി ഇല്ല അതാണ് അടുത്ത് പറയുന്നത് എന്ത് സാക്ഷാത്കാര പ്രമാണാന്തരേണെ സമ്പാദ്യതേ മറ്റൊരു പ്രമാണത്തോട് അതിനെ പിടിച്ചു നീക്കാൻ കഴിയത്തില്ല എന്നുവെച്ചാൽ മറ്റൊരു പ്രമാണം അതിനെ വിഷയമാക്കത്തില്ല മറ്റൊരു പ്രമാണ പ്രത്യക്ഷ ശരിക്കും നോയിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ തീ കത്തിക്കുന്നതായി കാണാൻ പറ്റത്തില്ല അതാണ് പ്രമാണാന്തരത്തിന് പ്രത്യക്ഷാതെ പ്രമാണ ഇതെല്ലാം എവിടെയാ സംഭവിക്കുന്നത് മനസ്സിലാണ് മനസ്സിലതൊക്കെ സംഭവിക്കും അതോ തീവ്രമായിട്ടുള്ള ധ്യാനം കൊണ്ട് സംഭവിക്കും പലരും ദേവതകളെയൊക്കെ പ്രത്യക്ഷപ്പെടുത്തുന്നത് എങ്ങനെയാണ് മാനസികമാണ് കണ്ടു പറയത്തില്ലേ കൃഷ്ണൻ അവിടെ വന്നു തോന്നുന്നു മറ്റേ ഇവിടെ വന്നു തോന്നു അതുവഴി ഓടിപ്പോയി ഇതുവഴി ഓടിപ്പോയി ആ കണ്ട് ഒരുപാട് പേരുടെ കഥകൾ ഇങ്ങനെ പറയും ആൾക്കാർ പറയുന്നാണ് ഇതെല്ലാം എന്താണ് പ്രമാണാന്തരേനെ അസംവാദം മറ്റു പ്രമാണുമായിട്ടാണ് മറ്റു പ്രമാണത്തിലൂടെ അത് ശ്രദ്ധിക്കും പ്രത്യക്ഷമായ പ്രമാണത്തിലൂടെ ശ്രദ്ധിക്കും എല്ലാ ഇങ്ങനെ തോന്നി ചിലപ്പോ അവർക്ക് ഒന്നും പ്രത്യക്ഷമായി അടുത്തു സിനിമ കാണുമ്പോലും ദേവതകളൊക്കെ പ്രത്യക്ഷപ്പെടാറില്ലേ അതുപോലെ തന്നെ ഇതൊക്കെ മാനസികമായ പ്രത്യക്ഷമൊന്നാണ് അപ്പൊ മാനസികമായ ഇത്തരം പ്രത്യക്ഷങ്ങൾ സംഭവിക്കുന്ന ആ വസ്തു വേണമെന്നൊന്നുമില്ല പിന്നെ എന്തു മതി ഭാവന മതി അതുകൊണ്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് എന്തുവേണ്ട എന്തുവേണ്ട ബ്രഹ്മം വേണ്ട ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ബ്രഹ്മം വേണ്ട പിന്നെ എന്തു മതി ബ്രഹ്മത്തെ ഇങ്ങനെ ഭാവന ചെയ്താൽ മതി ഭാവന ചെയ്ത് ഭാവന ചെയ്ത് ഭാവന ചെയ്ത അവസരം എന്തോരും ബ്രഹ്മ സാക്ഷാത്കരിക്കാനും ബ്രഹ്മം വേണമെന്നില്ലെന്നാണ് പൂർവക്ഷം പറയും പൂർവക്ഷത് വരും സാധന ആരോഗ്യം പറയും അതീതുമായിട്ട് ബന്ധം സാറിന ധ്യാനിക്കുമ്പം ആൾക്കാർക്ക് പ്രത്യക്ഷമായി എന്ന് പറയുന്ന കാര്യം ഇനി ധ്യാനിക്കുന്നവർ പറയുന്ന എന്റെ അനുഭവമാണ് ശരിയാണ് നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞ എന്റെ അനുഭവമാണ് എന്നെ ധ്യാനിക്കുന്നവർ നീല വെളിച്ചം കാണും ചുവന്ന വെളിച്ചം കാണും മഞ്ഞ വെളിച്ചം കാണും പല അത്ഭുതങ്ങളും കാണും ധ്യാനത്തിൽ ഇത് നമ്മുടെ പഴയ സ്വാമിയുടെ ഏതാണ് അനാഥാന സ്വാമി ഇത് പറയുമ്പോ ഓർക്കണ എപ്പോഴും ഇങ്ങനെ എന്താണ് പ്രതിഭാപ്രത്യം ഞാൻ പണ്ട് ഇത് അനാഥാലസ്വാമിയുടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഏ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസൂത്രത്തിൽ ബാമതിയിലും അപ്പൊ പറയുന്നത് അനുഭവം ഇല്ലാത്തവർക്ക് പലതും എഴുതിക്ക അവർക്ക് പണ്ഡിതന്മാരാണ് അനുഭവമുള്ളവർക്കല്ലേ അത് മനസ്സിലാകത്തുള്ളു ഇവർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടിങ്ങനെ പലതും എഴുതി വെച്ചാണ് അതല്ല ശരി അനുഭവമാണ് എവിടെയും പറയുന്നത് എന്താണ് അനുഭവം തന്നെയാണ് ഇത് അനുഭവം തന്നെ പക്ഷെ മറ്റു പ്രമാണങ്ങൾ കൊണ്ട് അതിന് അതങ്ങനെ പറയാൻ കാരണം എന്താണ് ഒരാൾ പർവ്വതത്തിൽ ധൂമം കണ്ടു ഭഞ്ഞിയുണ്ടെന്ന് അനുമാനിച്ചു അയാൾക്ക് അനുമതി യഥാർത്ഥമായ ജ്ഞാനമാണ് അയാള് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ടവിടെ ഭഞ്ഞിയെ അറിയാൻ പറ്റും അയാൾക്ക് ആദ്യമുണ്ടായ അനുമതി തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം തന്നെയാണ് പക്ഷെ പിന്നെന്തെയ്യുന്നു മറ്റൊരു പ്രമാണവുമായിട്ട് അവന് സംവദിക്കാൻ പറ്റും പ്രത്യക്ഷ പ്രമാണമായിട്ട് സമ്മതിക്കാൻ പറ്റും എന്താണ് പനിയുണ്ടെറുന്നു അത് ഇങ്ങോട്ട് തരാനായിട്ട് തൊണ്ടയ്ക്ക് വരുന്ന ഇപ്പോഴത്തെ പനി എന്നോളും അപ്പോ എന്താണ് പർവ്വതത്തിലെ ധൂമത്തെ കണ്ടു പന്നിയുണ്ടെന്ന് അനുമാനിച്ചു അവിടെ ചെന്ന് നോക്കി അപ്പൊ പ്രത്യക്ഷമായിട്ട് സംവദിക്കുന്നുണ്ട് അപ്പൊ അനുവിധിശരി തന്നെയാണ് പക്ഷേ പർവ്വതത്തിൽ പൊടിപഠനം കണ്ടു കാറ്റടിച്ച് പൊടിപഠനം കണ്ടപ്പോ ഒരാൾക്ക് തോന്നി എന്താണ് അത് ധൂമമാണ് അല്ലെങ്കിൽ അവിടെ മൂടൽ മഞ്ഞ ഉണ്ട് പർവ്വതത്തിൽ അപ്പൊ അയാളെ അനുമാനിക്കാണ് പർവ്വതം അനുമാനം ധൂമ അനുമാനം ശരിയാണ് അപ്പൊ അയാൾക്ക് അനുമതി ഞാനം ഉണ്ടായി പർവ്വതോ വന്യുമാനെന്ന അനുമതി ഞാനം ഉണ്ടായി അയാൾ കണ്ടെന്താണ് പൊടിപടനമാണ് അല്ലെങ്കിൽ മഞ്ഞാണ് ഇനി ഏറെ അവിടെ പോയി നോക്കുന്നു അവിടെ മഞ്ഞു കാണുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത്തരം കാര്യങ്ങൾ വിസംവാദ ബഹുളംഭാധ ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് എന്താണ് പൊടിപടനത്തെ കണ്ടിട്ട് അല്ലെങ്കിൽ മുടമഞ്ഞ് കണ്ടിട്ട് പന്നി ഉണ്ടെന്ന് അനുമാനിച്ചിട്ട് അയാള് പന്നിക്ക് വേണ്ടി അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ വിസംവാദം സംഭവിക്കും ബാധ സംഭവിക്കും അത് ധാരാളം കാണാറുണ്ട് അപ്പൊ അയാൾക്ക് അനുമതിയാണ് ഉണ്ടായത് പക്ഷെ ആ അനുമതി ശരിയല്ല കാരണം ഹേതു ശരിയല്ല അപ്പോ ഇതുപോലെ ഇതുപോല ഇവിടെ സംഭവിക്കുന്നു അയാളെ അനുമതി ഞാനുണ്ടായി ഇവിടെ വന്യുണ്ടെന്ന് പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു അയാൾ അനുമിതമായി അറിഞ്ഞ ആ വന്യെ ധ്യാനിക്കാണ് ധ്യാനിച്ചു കഴിഞ്ഞാൽ യാൾക്ക് വന്യയുടെ സാക്ഷാത്കാരം ഉണ്ടാവും മാനസിക സാക്ഷാത്കാരം പക്ഷെ വന്യവിടെ കാണത്തില്ല അതിന് വിസംവാദം സംഭവിക്കത്തില്ല ബാധ സംഭവിക്കാം ധാരാളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ ദേവതാ പ്രത്യക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് കൂറുന്നത് എന്ന് വെച്ചാൽ അവിടെ വിഷയം വേണ്ട പക്ഷെ സാക്ഷാത്കാരം പ്രത്യക്ഷം ഞാനുണ്ടാവും ഭഞ്ഞി ഇല്ലാതെ തന്നെ അനുമതി ഞാനും മന്നിയുടെ അനുമതി ഞാനും ഉണ്ടാവുന്ന പോലെ അതുപോലെ ഇവിടെ എന്തു അതുപോലെ വിഷയം ഇല്ലാതെ തന്നെ ഞാനുണ്ടാകും ബ്രഹ്മ സാക്ഷാത്കാരം ഒരാൾ ഉണ്ടാവണം എന്നുള്ളതിന് വേണ്ട ബ്രഹ്മം വേണ്ടെന്നാണ് പൂർവിച്ചു പറയുന്നത് അതുപോലെ ശിവനെയോ ദേവിയോ ദേവനയൊക്കെ ഒരാൾക്ക് സാക്ഷാത്കരിക്കുന്നതിന് എന്താണ് വിഷയം വേണോ സാക്ഷാത്കാര ബാഹ്യമായിട്ടൊന്നും നടക്കത്തില്ലെന്നേ ഉള്ളൂ നമ്മുടെ ഗുരുവായൂര് ചില ഭക്തരെ ഭക്തയെ കുറിച്ച് പറയും പൂജ നടത്തുമ്പോ ശ്രീകൃഷ്ണൻ വന്ന് ശല്യം ചെയ്യും ശ്രീകൃഷ്ണനെ കുറിച്ച് കൊട്ടക്കകത്ത് അടച്ചു വെച്ചിട്ട് പൂജ നടത്തും ഇങ്ങനെയൊക്കെ പറയും ഈ കൊട്ടക്കകത്ത് അടച്ചു വെക്കുന്ന കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ബ്രഹ്മദർശനം അങ്ങനെ ഒരാളെനിക്ക് നേരിട്ടറിയാമായിരുന്ന ഒരു അമ്മമ്മ ഈ അമ്മമ്മക്ക് പ്രത്യക്ഷമാണ് ും പ്രത്യക്ഷ ഞാനവരെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് അറിയാതെ നമ്മളെ കണക്കാ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയും അവരെ എന്താണ് ഭർത്താവും അവരുടെ മക്കളും വലിയ ഇവര് ശ്രീരാമകൃഷ്ണദേവനെ പോലെ ഉയരുന്നൊരവസ്ഥയിലാണെന്ന് കരുതി കൊറേ ആഘോഷിച്ചു ഞാനന്ന് ചെറുതാണെങ്കിലും എനിക്ക് തോന്നി വരെന്നെ കൃഷ്ണൻ എന്ന് വിളിച്ചപ്പോ ഞാൻ കൃഷ്ണമില്ലെന്ന് എനിക്കറിയാം അപ്പൊ ഇവർക്ക് വട്ടാണോന്ന് എനിക്കൊരു സംശയം പറയാൻ പറ്റില്ല കൃഷ്ണനെപ്പോ വന്നെന്നൊക്കെ ചോദിച്ചു എനിക്കറിയാന ഞാൻ കൃഷ്ണനാണ് പക്ഷെ അത് പറയാനും പറ്റില്ല കാരണം അവര് നമുക്ക് ഒരുപാട് എന്താണ് ചക്കയും വാങ്ങിയൊക്കെ തരുന്നവരാ അവിടെ ചെന്ന് കഴിഞ്ഞു അതുകൊണ്ട് ഒന്നും പറയാനൊന്നും പോലെ കുറച്ചു കഴിഞ്ഞപ്പോ അഡ്മിറ്റ് ചെയ്ത് മരുന്ന് ൂടി കൂടി വന്നപ്പോഴത്തേക്ക് ഇവരോരോ വിഭ്രാന്തികളെ കാണിക്കുന്നു എനിക്ക് നേരിട്ട് അനുഭവം അപ്പോ അവര് അങ്ങനെ വരാൻ കാരണം എന്താണ് അവര് ഭക്തീ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഗുരു രമയുടെയും മറ്റും അപ്പൊ ഇവർക്കും ആഗ്രഹമുണ്ടായി എന്താണ് അതുപോലെ കൃഷ്ണെ കാണുന്നു അതിനു വേണ്ടിട്ട് ഇവരെന്തു ചെയ്തു നിരന്തരം കൃഷ്ണനെ കുറിച്ച് ധ്യാനിച്ചു എല്ലാ ജോലിയും കൃഷ്ണ കൃഷ്ണ കൃഷ്ണ കൃഷ്ണന്ന് പറഞ്ഞ് നിരന്തരം ധ്യാനിച്ചു ഭർത്താവ് പ്രോത്സാഹിപ്പിച്ചു നല്ലൊരു ഭക്തയാണല്ലോ എന്ന് വിചാരിച്ചു എല്ലാവർക്കും വലിയ ബഹുമാനമായിരുന്നു അവർക്ക് കൃഷ്ണൻ സദാ പ്രത്യക്ഷമാണെന്ന് പറയും ഭർത്താവ് അവർക്ക് എപ്പോഴും കൃഷ്ണൻ പ്രത്യക്ഷമാണ് അപ്പൊ സദാ കൃഷ്ണൻ പ്രത്യക്ഷമായിരിക്കാന്ന് പറയുക കാര്യ കൊണ്ടു കൊണ്ട് കടന്നു കൊണ്ടു കടന്ന് മെന്റൽ ഡോക്ടർ കാണിക്കേണ്ടി വരും കൊടുക്കേണ്ടി വന്നു ആകത്ത കിടന്നു പൂർവ് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇതൊക്കെ പഴയകാലത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാ അതുകൊണ്ടിന്ന് എന്താണ് ശരിയായ ശാസ്ത്ര സംവാദങ്ങളിലൊന്നും വ്യക്തി അനുഭവങ്ങളെ സ്വീകരിക്കുകയില്ലസിയെന്ന് പറയുംസികളെ ന്യായവൈകല്യങ്ങൾ കാരണം അതിനെ യുക്തിയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല വ്യക്തി ആഭാസങ്ങളാണ് ഒരാൾ ഒരു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് വരുമ്പോൾ പറയുന്നത് അനുഭവമാണ് എന്ന് വെച്ചാൽ ഞാനാണ് അതിന് പ്രമാണം ഞാനാണ് തെളിവ് എന്ന് പറഞ്ഞ എനിക്കറിയാം മാത്രമേ അറിയാവൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരത് അംഗീകരിക്കില്ല നിങ്ങള് എനിക്കറിയാം ഞാനാണ് പ്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഞാനാണ് പ്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു തെളിവല്ല എന്തുകൊണ്ട് തന്റെ ഭ്രമമാ എന്റെ അനുഭവം പേരിടത്തും പറയാൻ പറ്റില്ല അതുകൊണ്ട് അനുഭവമാണ് അദ്വൈതത്തിന് പ്രമാണോന്ന് പറയാൻ പറ്റത്തില്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഈ പറയും ദോഷം പിന്നെ അദ്വൈതത്തിന് തെളിവായിട്ട് അനുഭവത്തെ എടുത്തായപ്പോ എപ്പോഴാണ് എപ്പോഴാണ് എല്ലാര്ക്കും ബോധ്യപ്പെടുന്ന അനുഭവമാണ് എനിക്ക് നിനക്കും അവനും ഒക്കെ ഉള്ള അനുഭവം ആണെങ്കിൽ പറയാം എന്താണ് അത് ശരിയാണ് അത് പറയാം അതുകൊണ്ടാണ് ഇപ്പൊ അറിവ് ബ്രഹ്മം എന്ന് പറയുന്നത് അറിവ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആർക്കും എതിർക്കാനൊന്നും ഇല്ല എന്തുകൊണ്ട് അറിവ് എനിക്കും ഉണ്ട് നിനക്കുണ്ട് അന്യനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതാണ് ബ്രഹ്മം അതാണ് ആത്മാവ് അതാണ് പരമാത്മാവെന്ന് പറയുന്നത് ചേർക്കാൻ പറ്റില്ല അറിവ് ഇല്ലാത്ത സർവ്വസാധാരണമായി എനിക്ക് അതുകൊണ്ടാണ് അറിവ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അറിവ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും എനിക്കുണ്ടാവും പക്ഷെ എനിക്ക് മാത്രമുള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ അത് ആകാംശനവും അതന്നെ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് മറ്റേ ആൾക്കാർ പറയുന്ന ശ്രീകൃഷ്ണദർശനങ്ങൾ ഏഹ് ശ്രീകൃഷ്ണ ദർശന കുമാരനാശി സംശയം ഉണ്ടെങ്കിൽ സത്യനാരായണ സ്വാമിയോട് ചോദിച്ചു ഗുരുദേവ് സത്യദാനൻ സമയത്ത് ചോദിച്ചു പോകും ഈ ശ്രീകൃഷ്ണ ദർശനം ഗുരുവഴിയാണ് കുമാരനാശഴി ആണ് ചോദിച്ചിട്ട് പറ അതിന്റെ തെളിവാണ് തെളിവും എന്തുവേണം അതിന്റെ തെടവ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഗുരുദേവ പറഞ്ഞാ പറ ഞാനിപ്പോ പറയാണ് ശ്രീകൃഷ്ണാശനം ഗുരുവേഴ്ച എല്ലാം കുമാരനാശാന്റെ ആണെന്ന് പറഞ്ഞാൽ വേറെ ആൾക്കും പറയും ഗുരുവേഴിയാണ് തെളിവ് വന്നാണ് സത്യനാരായണ സ്വാമി തുള്ളി കുമാരനാശന്റെ തെളിവ് സ്വാമിയുടെ അതൊക്കെ അങ്ങനെ പലതും പറയുന്നു ഗുരുവേഴുതി എന്ന് പറയുന്നു അത് കുമാരനാശാന്റെ പേരിൽ നേരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അതിന്റെ രേഖ സംഘടിപ്പിച്ചുവെച്ചു സജ്ജനന്ദ സ്വാമിയുടെ ഉണ്ടോ അതെന്തു ആയിക്കൊള്ളോട്ടെ അപ്പൊ എന്തു ആയിക്കൊള്ളോട്ടെ ഈ അനുഭവങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഇനി ഒരാൾക്ക് അനുഭവം ഉണ്ടാകാം ഒരാൾ പറയാനും എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ഓക്കെ അത് ഒരാളുടെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാ നിങ്ങളുടെ അനുഭവം പക്ഷെ ഒരു ശാസ്ത്ര ചർച്ചയിൽ ഒരു വ്യക്തി അനുഭവത്തെ പ്രമാണമായിട്ടെടുത്ത് സംസാരിക്കാൻ പറ്റി സംസാരിച്ച് എന്തു പറയും എന്തുപറ്റും അതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ ഒരാൾ എന്നോട് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയണേ അത് ഇതെന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് പറയാം അതിന് വിപരീതമായ ഒരു അനുഭവം എന്താണെന്ന് എനിക്കും പറയാം ഇത് രണ്ടുപേർക്കും തെളിയിക്കാൻ പറ്റത്തില്ല പിന്നെ ചർച്ച മുമ്പോട്ട് പോകത്തില്ല മനസ്സിലായി പിന്നെ ചർച്ച മുമ്പോട്ട് പോകത്തില്ല കാരണം എന്തുകൊണ്ട് ഒരാള് പറയുന്നത് എന്റെ അനുഭവമാണ് ബ്രഹ്മത്തിന്റെ അനുഭവം എനിക്ക് ഇങ്ങനെയാണ് ഞാൻ പറയണത് ബ്രഹ്മാനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത് വേറെന്ന് പറയുന്നത് ബ്രഹ്മനുഭവം എനിക്കുണ്ടായിട്ടും നിർഗുണമാണ് ഒരു ആനന്ദമാണെങ്കിലും പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ചോട്ട് തർക്കിച്ച് രണ്ടുപേർക്കും തെളിയിക്കാൻ പറ്റും നിർഗുണമാണെന്നോ ആനന്ദമാണെന്നോ തെളിയിക്കാൻ പറ്റും അവരവരുടെ അഭിപ്രായം പറഞ്ഞ് പിരിയാനും പറ്റും ഇപ്പൊ ചർച്ച സാധ്യമുണ്ടാകും അതുകൊണ്ടാണ് എന്താണ് അനുഭവ വിവരണം അതിനാണ് അനോട്ട് ഫാരസീന്ന് അതൊരിക്കലും ചർച്ചകൾ സ്വീകരിക്കത്തില്ല പിന്നെ ഞാനിപ്പോ പറയുന്നു എനിക്ക് ബ്രഹ്മാനുഭവം ഉണ്ടായി അത് ആനന്ദമാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കും അത് മറ്റൊരു കാര്യമാണ് ഞാൻ കള്ളം പറയാത്തയാളാണ് ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് വിശ്വസിക്കും വിശ്വാസത്തിനും ഉൾക്കൊന്നുമില്ല പക്ഷെ അത് വെച്ച് എനിക്ക് വേറെ സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ മാനസികമായ അനുഭവങ്ങൾ ഉണ്ടാകില്ല എന്നല്ല പറയുന്നവിടെ പലതരത്തിലുള്ള അനുഭവങ്ങളും ധ്യാനിക്കുന്നവർക്ക് സമാധി പോകുന്നവർക്ക് അനുഭവങ്ങളെ നിഷേധിക്കല്ല പക്ഷെ അനുഭവങ്ങളെ തെളിയിക്കാൻ പറ്റില്ലെന്നു പറയും അത് വ്യക്തിനിഷ്ഠ അനുഭവങ്ങൾ തന്നെയായിരിക്കും തെളിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മറ്റൊരു പ്രമാണത്തെ പോകും സാധിക്കില്ല പ്രത്യക്ഷമായി അതിനെ ബോധ്യപ്പെടുത്തല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ ശ്രീരാമകൃഷ്ണദേവന് അവരുടെ ദേവിയുടെ പ്രത്യക്ഷം ഉണ്ടായിരുന്നു ആയിക്കോട്ടെ രാമകൃഷ്ണദേവന്റെ അനുഭവമാണ് രാമകൃഷ്ണദേവൻ അങ്ങനെ ഒരു പ്രത്യക്ഷ അനുഭവം ആയിരുന്നു വേറെ ആള് നിഷേധിക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന പോലെ അതൊരു അങ്ങനെ ഒന്ന് ണ്ടാകാം പക്ഷെ മറ്റൊരു പ്രമാണത്തിലൂടെ അതിനെ സമർത്ഥിക്കാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ പോകുന്നുണ്ട് അവിടെ കണ്ടു അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ അഗ്നി മുമ്പിൽ ജ്വലിക്കുന്നതായിട്ടാണ് ഇയാളെ കാണുന്നത് അയാളെ കാണുമ്പോ അങ്ങനെ തന്റെ മാനസിക പ്രത്യക്ഷമായിട്ടില്ല തന്റെ മുമ്പിൽ അഗ്നി ജ്വലിക്കുന്നു അതിന്റെ ചൂട് തനിക്ക് അനുഭവപ്പെടുന്നു അങ്ങനെയൊക്കെ തോന്നുന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്ന എന്താണ് അത് വെറുതൊരു അതാണ് നഷ്ട പ്രത്യേക മരിച്ചുപോയ മകന് മുമ്പ് വന്ന അച്ചാന്ന് വിളിക്കുന്നു ചാടി കഴിഞ്ഞു മകനെ കട്ടി പിടിക്കാൻ പോകുന്നു അവിടെ ജനമോ എന്താണ് ഒന്നുമില്ല ഇത് സാരണം മരിച്ചു കഴിഞ്ഞാൽ ഭാര്യക്ക് ഭർത്താവിന് ഭർത്താവിന് ഭാര്യയെ കാമുകന് കാമുകയെ അങ്ങനെയൊക്കെ വേണ്ടപ്പെട്ടവർക്കെല്ലാം എന്ത് ചെയ്യും ഇതുപോലെ പ്രത്യക്ഷങ്ങളുണ്ടാവും അവരുടെ തീവ്രമായ ബന്ധങ്ങളാണ് അതൊക്കെ എന്താ ശരിക്കും സംഭവിക്കുന്നതാണ് ഇല്ല പിന്നെ അവർ പറയുന്ന എന്താണ് പ്രേതം വന്നതാണ് മരിച്ച പ്രേതം വന്നു ഈ പ്രേതകഥകളൊക്കെ കൂടുതലും ഇങ്ങനെയാണ് പ്രേതകഥകളൊക്കെ വരുന്നു മരിച്ച പ്രേതം വന്നു മുമ്പ് എന്ന് പറയും അതുകൊണ്ട് വിസംവാദസ്യ ബഹുളങ്ങളും ബാധിക്കുന്നു ഇതിന്റെ ബാധ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നു ഇത് അതിന് ബാധയും ധാരാളം ഉണ്ട് എന്നത് അതുകൊണ്ട് ഈ പറയുന്നതിനു ചെറുപ്പം എന്താണോ ഇത്തരം കാര്യങ്ങളെ അനുഭവങ്ങളെ ശാസ്ത്ര ചരിത്ര നോക്കത്തില്ല അനുഭവം ഉണ്ടാക്കുന്നതൊക്കെ അവർ സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ അതൊക്കെ അവരവരുടെ ഇഷ്ടം മനസിലായോ അനുഭവം ഉണ്ടാകുന്നതിന് ആ വിഷയം വേണോന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നാണ് ഈ പറയുക ഭാവസനായ ഉത്പാദ്യ കർമാ അതുകൊണ്ട് പ്രാമാണിക ബ്രഹ്മത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകും പക്ഷെ അത് പ്രമേയല്ല അത് പ്രാമാണികമല്ല പ്രമാണജന്യമല്ല വെറും ഭാവനയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അത് പ്രമേയം അതാണ് തസ്മ പ്രാമാണിക സാക്ഷാത്കാര പ്രാമാണികമായ സാക്ഷാത്കാര രൂപത്തിലുള്ള കാര്യഭാവ അങ്ങനെയുള്ള ഒരു കാര്യം ഇല്ലാക്കുന്നുണ്ട് ഇപ്പൊ സാക്ഷാത്കാരം പ്രമേയമല്ലെന്ന് സാക്ഷാത്കാരം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താണ് ധ്യാനം കൊണ്ടുണ്ടാകുന്ന ബ്രഹ്മസാക്ഷാത്കാരം പ്രമേയല്ല അതുകൊണ്ട് ഉപാസനായ പ്രാമാണിക സാക്ഷാത്കാര രൂപത്തിലുള്ള കാര്യഭാവം അങ്ങനെ ഒരു കാര്യം ഇല്ല ഇന്ന ഉപാസനായ ഉത്പാദ്യ ഉപാസന അതിന്റെ ഉത്പാദ്യമായ കാര്യത്തിൽ ഉപാസനയുടെ ഉത്പാദ്യമായ കാര്യം എന്താണ് സാക്ഷാത്കാരം അത് പ്രമേയല്ലാത്തത് കൊണ്ട് അത് അതിനുവേണ്ടി കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല അത് തന്നെ ഒരു ഭ്രാന്തിയാണ് പിന്നെ ഉപാസന എന്ന് പറയുന്നത് കർമ്മത്തെ അപേക്ഷിച്ച് എന്താണ് പ്രാമാണികമായ സാക്ഷാത്കാരത്തെ ഉണ്ടാക്കുന്നില്ല ഭ്രഹമാനുഭവത്തെ ഉണ്ടാകും അങ്ങനെ സിദ്ധാന്തി പറയുന്നത് ഉപാസനയിൽ നിന്ന് അതായത് ഭാവനയിൽ നിന്ന് സാക്ഷാത്കാരം ഉണ്ടാകും അത് പ്രമേയാണെന്നാണ് പൂർക്ഷം പറയുന്നത് എന്താണ് അത് പ്രതിഭാപ്രത്യമാണ് പിന്നെ ഇതിനെയൊക്കെ സംബന്ധിച്ച് അംഗീകരിക്കുന്നു നിഷേധിക്കുന്ന ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് അപ്പോ പറയുന്നു ഞാൻ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു എനിക്ക് ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരമുണ്ട് അത് സാക്ഷാത്കാരം തന്നെയാണ് ബ്രഹ്മം ഉണ്ടെന്ന് പറഞ്ഞാൽ അതയാളുടെ ഇഷ്ടം വേറെ ആള് പറയുന്നു നിങ്ങൾക്കുണ്ടായ ആ ബ്രഹ്മ സാക്ഷാത്കാരം പറയുന്നു വെറും ബ്രഹ്മമാണ് അങ്ങനെ ഒരു ബ്രഹ്മവുമില്ല നിങ്ങളുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭ്രാന്തിയാണെന്ന് ഇതയാളുടെ താല്പര്യം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഒരാൾക്ക് അംഗീകരിക്കാം വേറെ ആൾക്ക് ബ്രഹ്മ സാക്ഷാത്കാരത്തെ നിഷേധിക്കാം ഏതോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന രീതി വേറെ ആരും ഈ അദ്വൈതികളെല്ലാ വേറെ ആരും ഇങ്ങനെയുള്ള ഒരു ബ്രഹ്മ സാക്ഷാത്കാരത്തെ സ്വീകരിക്കും അവർക്കൊക്കെ സാക്ഷാത്കാരങ്ങളുണ്ട് അതൊക്കെ വേറെയാണ് സംഖ്യന്റെ സാക്ഷാത്കാരം പേര് യോഗിയുടെ സാക്ഷാത്കാരം പേര് ഇഷ്ടാന്ത അദ്വൈതിയുടെ എല്ലാവർക്കും സാക്ഷാത്കാരം എന്താണ് വേറെ വേറെയാണ് ഈ അദ്വൈതി പറയുന്നത് ഈ സാക്ഷാത്കാരം മാത്രമേ ഉള്ളൂ അദ്വൈതിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം കൂടസ്ഥ സർവ്യാപിനോ ഉപാസനാഥോ വികാര സംസ്കാരപ്രാപ്ത സംഭവം ഇനി ബ്രഹ്മന്ന് പറയുന്നത് എന്താണ് കൂടസ്ഥ എന്തെങ്കിലും വികാരം സംഭവിക്കും വികാരിമായ കാര്യം അവിടെ സംഭവിക്കത്തില്ല അതൊരിക്കലും സംഭവിക്കത്തില്ല ഇനി സംസ്കാരം അവിടെ എന്തെങ്കിലും ഉണ്ടാവും അതും ഉണ്ടാകത്തില്ല കൂടസ്തം നിത്യസ് സർവ്വവ്യാപന സർവവ്യാപിയായിരിക്കുന്നതിന് ആപ്യം അത് സംഭവിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഉത്പാദ്യം വികാര്യം സംസ്കാരം ആപ്യം ഉത്പാദ്യത്തിന് ഉറപ്പണം എന്താ പറഞ്ഞത് പിണ്ട അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകില്ലാന്ന് പറയുന്നത് കാരണം സാക്ഷാകാരം എന്ന് പറയുന്നത് പ്രാമാണിക അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞത് വികാര്യത്തിനെന്താ പറഞ്ഞത് തിരിച്ചു നെല്ലിൽ നിന്ന് ഉമി പോയി പറഞ്ഞു അതുപോലെ ഒരു വികാരിമായ കാര്യം ഉപാസന കൊണ്ടുണ്ടാകത്തില്ല എന്തുകൊണ്ട് ഉപാസിക്കുന്ന ബ്രഹ്മത്തെയാണ് അത് കൂടസമാണ് ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും വികാരിമാകുന്ന കാര്യമാകും സാക്ഷാത്കാരം വികാരിമാകുന്ന കാര്യമാകത്തില്ല ബ്രഹ്മം കൂടസ്യമാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുണത്തെ ഉണ്ടാക്കുന്നതാണ് പുണ്യം ഉണ്ടാക്കുന്നതാണ് ോക്ഷണസി ബ്രഹ്മത്തിൽ എന്ന് പറയുന്നത് നിർഗുണമാണ് അതിൽ യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകത്തില്ല പിന്നെ ബ്രഹ്മ സർവവ്യാപിയാണ് അതുകൊണ്ട് ആപ്യമല്ല എങ്ങനെയാണോ പാല് കറക്കുമ്പം പാല് പ്രാപ്തമാകും അവിടെ പ്രാപിക്കുന്ന കാര്യമാണെന്ത് പാല് കറവയിലൂടെ പ്രാപിക്കുന്ന ഒരു കാര്യമാണ് പാൽ അതുപോലെ ബ്രഹ്മത്തെ ധ്യാനിച്ചിട്ട് അവിടെ ബ്രഹ്മസാക്ഷാത് ആപ്യമായ ഒരു കാര്യം ഉണ്ടാകത്തില്ല കാരണം സർവവ്യാപിയാണ് ബ്രഹ്മ അതിനെ പ്രാപിക്കാൻ പറ്റത്തില്ല അതില്ലാത്ത ഒരു സ്ഥല ഒരു വസ്തുവിനെ പ്രാപിക്കണമെങ്കിൽ എന്തുവേണം അതില്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നു എന്നാലേ അവിടുന്ന് അതിനെ പ്രാപിക്കാൻ പറ്റും എല്ലായിടത്തും പിന്നെങ്ങനെ പ്രാപിക്കും എന്റെ കയ്യിൽ ഇപ്പൊ അതുകൊണ്ട് ഞാൻ പശുവിൽ നിന്ന് പാൽ കറന്നെടുക്കും സർവത്ര കാലാണി പിന്നെ അതുകൊണ്ട് പറയുന്നു എന്താണ് കൂടസ്ഥാപിയായിരിക്കുന്നു ബ്രഹ്മണ ബ്രഹ്മത്തിന് കൂടസ്ഥോണ്ട് അവിടെ വികാരി സംസ്കാരവും സംഭവിക്കില്ല സർവവ്യാപിയായത് കൊണ്ട് സാക്ഷാത് അതിന് ബ്രഹ്മണ ഉപാസനാഥ അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം വികാരി സംഭവിക്കില്ല സംസ്കാരികമായി സംഭവിക്കത്തില്ല പിന്നെ ആപ്യമായി സംഭവിക്കത്തിനും ബ്രഹ്മൂഢ നിത്യവും സർവ്യാപിയാണ് പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം തന്നെ സ്വയം എന്താണ് ഭ്രാന്തിയാണ് മേല്ല അതുകൊണ്ട് ഉത്പാദ്യമല്ല അതുകൊണ്ട് എന്താണ് ഉപാസനമുണ്ട് ഉത്പാദ്യമോ വികാര്യമോ സംസ്കാരിയമോ ആപ്യമോ ആയിട്ടുള്ള നാല് തരത്തിലുള്ള ബ്രഹ്മസാക്ഷാത്കാരം സംഭവിക്കൊണ്ട് തന്നെ എന്താണ് അങ്ങനെയുള്ള ബ്രഹ്മസാക്ഷാത്കാരത്തിന് കർമ്മത്തിന്റെ അപേക്ഷയുണ്ട് ചർച്ച ചെയ്യുന്ന എന്തിനാണ് ഒന്ന് ഇതാണ് ഉപാസന കൊണ്ട് ബ്രഹ്മ സാക്ഷാത്കാരം സംഭവിക്കുന്നു അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം സംഭവിക്കുകയാണെങ്കിൽ അവിടെ കർമ്മത്തിന്റെ ആവശ്യം വരും അജ്ഞാന തപസ്സുകൾ കർമ്മങ്ങളെല്ലാം ഉപാസനയോടൊപ്പം വേണ്ടിവരും ഒന്ന് ഉപാസന കൊണ്ട് ഉത്പാദ്യമായ സാക്ഷാത്കാരം സംഭവിക്കില്ല അപ്പൊ അവിടെ ഉപാസനക്ക് കർമ്മത്തിന്റെ ആവശ്യമില്ല പിന്നെ ഉപാസന കൊണ്ട് സംസ്കാരം വികാരം ആക്കിയ മൂന്നു തരത്തിലുള്ള സാക്ഷാത് സംഭവിക്കില്ല അതുകൊണ്ട് കർമ്മത്തിന്റെ അപേക്ഷ ഇല്ല ഉപാസനയ്ക്ക് കർമാപേക്ഷ ഇല്ല ഇത്രയും പറയുന്നു പൂർവക്ഷ